യൂണിറ്റ് ഫിഫ്റ്റീൻ ലെസൺ ഫിഫ്റ്റി സെവൻ ലിസൺ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി അങ്ങ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി നിന്നെ തീരും അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം പക്ഷേ എനിക്ക് അതിന് ഇഷ്ടമില്ലെങ്കിലോ അങ്ങയെപ്പോലുള്ളവർ അങ്ങനെ പറയരുത് നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും അങ്ങ് സമ്മതിക്കണം എന്നെപ്പോലെ കച്ചവടം ചെയ്തു കഴിയുന്നവൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ നാട് നന്നാകും നമുക്കൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പലതുള്ളി പെരുവെള്ളം അതുപോലെ നമ്മുടെ നാട്ടിലെ ഓരോ പഞ്ചായത്ത് പ്രസിഡന്റും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ സ്ഥിതി എത്രയോ മെച്ചപ്പെടുത്താൻ കഴിയും ഇപ്പോഴും ജനങ്ങൾക്കു ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തവർ അങ്ങ് കേന്ദ്രത്തിലും നമ്മുടെ സംസ്ഥാന തലസ്ഥാനത്തുമൊക്കെ ഇല്ലേ ഭരണചക്രം അവരുടെ കയ്യിലാണ് ആ സ്ഥിതിക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും നാട്ടിൽ കൂടെ തേനും പാലും ഒഴുക്കാനൊക്കില്ല അങ്ങേപ്പോലെ പാവപ്പെട്ടവരുടെ വേദന മനസ്സിലാക്കുന്നവർ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങണം താനെന്നെ അത്രക്കങ്ങ് പൊക്കണ്ട ഞാൻ നിലത്തുന്ന് ഉറച്ചു നിന്നോട്ടെ എടോ ദാമോദര ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെന്ത നന്നായി നാല് വാചകമടിക്കാൻ അറിയാവുന്നവർക്കും സ്വന്തം വീടും കൂടും ഉപേക്ഷിച്ചിട്ട് നാട് നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്കും മാത്രമേ ഇതൊക്കെ പറ്റൂ കച്ചവടത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നവർക്ക് അവനവന്റെ ലാഭത്തിൽ മാത്രമേ നോട്ടമുള്ളൂ നാട്ടുകാരുടെ നന്മതിന്മയെ പറ്റി അവർക്കറിയണ്ട പക്ഷേ അങ്ങ് വെറും ഒരു കച്ചവടക്കാരനല്ലോ ദാമോദര കാലം മാറിയെങ്കിലും ഞാൻ മാറിയില്ല പണ്ടത്തെ കഥയൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നെ അറ്റകൈക്ക് ഉപ്പിടാത്തവൻ ആളുകളുടെ കണ്ണിൽ മണ്ണിടാൻ മടിക്കാത്തവൻ എന്നൊക്കെ വിളിച്ചവരാണ് ഈ നാട്ടുകാർ അതുകൊണ്ട് അവരുടെ നേതാവാകാൻ ഇഷ്ടപ്പെടുന്നവനല്ല ഈ ഞാനും അതിരിക്കട്ടെ ഈ കാര്യത്തിനുവേണ്ടി തന്നെ എന്റെ അടുത്തേക്ക് നിർബന്ധിച്ചയച്ചവർ ആരൊക്കെയാണ് എല്ലാവരും കൂടി തന്നെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താനാണ് ജനപ്രതിനിധി താൻ തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആകേണ്ടവൻ അങ്ങനെ കളിയാക്കരുത് അങ്ങനെ പോലുള്ളവരുണ്ടെങ്കിൽ എന്നെ പോലത്തെ നിസാരന്മാർ എന്തിന് തനിക്ക് നന്നായി പ്രസംഗ്ക്കാനൊക്കെ അറിയാം ഭംഗി വാക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തവനുമല്ല അപ്പോൾ താൻ തന്നെയാണ് നേതാവിന്റെ സ്ഥാനത്തേക്ക് ഏറ്റവും അർഹനായവൻ ഈ രാഷ്ട്രീയ കളി വളരെ ശല്യം പിടിച്ചതാണ് നേതൃത്വത്തിന്റെ കാര്യം അതിലും കഷ്ടം നല്ല ബുദ്ധികൂർമതയും സൂത്രവും ഉള്ളവരെ കൊണ്ട് തനിക്ക് രണ്ട് ഗുണങ്ങളും വേണ്ടുവോളമുണ്ട് എന്നെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കിയേക്കു പിന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണമെങ്കിൽ എന്നാൽ കഴിയുന്ന സഹായം ചെയ്തു തരാം ലിസൺ ആൻഡ് റിപ്പീറ്റ് അങ്ങ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി നിന്നേ തീരൂ അങ്ങ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി നിന്നെ തീരൂ അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം പക്ഷേ എനിക്കത് ഇഷ്ടമില്ലെങ്കിലും പക്ഷേ എനിക്കത് ഇഷ്ടമില്ലെങ്കിലും അങ്ങേപ്പോലുള്ളവർ അങ്ങനെ പറയരുത് അങ്ങേ പോലുള്ളവർ അങ്ങനെ പറയരുത് നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടിയെങ്കിലും അങ്ങ് സമ്മതിക്കണം നന്മയ്ക്ക് വേണ്ടിയെങ്കിലും അങ്ങ് സമ്മതിക്കണം എന്നെ പോലെ കച്ചവടം ചെയ്തു കഴിയുന്നവൻ എന്നെ പോലെ ചെയ്തു കഴിയുന്നവൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ നാട് നന്നാകുമോ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ നാട് നന്നാകുമോ നമുക്കൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ നമുക്കൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പലതുള്ളി പെരുവെള്ളം പല പെരുവെള്ളം അതുപോലെ ും അതുപോലെ നമ്മുടെ നാട്ടിലെ ഓരോ പഞ്ചായത്ത് പ്രസിഡന്റും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ സ്ഥിതി എത്രയോ മെച്ചപ്പെടുത്താൻ കഴിയും ഇന്നത്തെ സ്ഥിതി എത്രയോ മെച്ചപ്പെടുത്താൻ കഴിയും എടോ ഇപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ െഡോ ഇപ്പോഴും ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തവർ അങ്ങ് കേന്ദ്രത്തിലും നമ്മുടെ സംസ്ഥാന തലസ്ഥാനത്തും ഒക്കെയില്ലേ തിരഞ്ഞെടുത്തവർ അങ്ങ് കേന്ദ്രത്തിലും സംസ്ഥാന തലസ്ഥാനത്തും ഒക്കെ ഇല്ലേ ഭരണചക്രം അവരുടെ കയ്യിലാണ് ഭരണചക്രം അവരുടെ കൈയിലാണ് ആ സ്ഥിതിക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും സ്ഥിതിക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും നാട്ടിൽ കൂടെ തേനും പാലും ഒഴുക്കാനൊക്കില്ല ൂടെ തേനും പാലും ഒഴുക്കാനൊക്കില്ല അങ്ങേ പോലെ പാവപ്പെട്ടവരുടെ വേദന മനസ്സിലാക്കുന്നവർ അങ്ങേപോലെ പാവപ്പെട്ടവരുടെ വേദന മനസ്സിലാക്കുന്നവർ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങണം രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങണം താൻ എന്നെ അത്രയ്ക്കങ്ങ് പൊക്കണ്ട താനെന്നെ അത്രക്കങ്ങ് പൊക്കണ്ട ഞാൻ നിലത്തൊന്നുറച്ചു നിന്നോട്ടെ ഞാൻ നിലത്തൊന്നുറച്ചു നിന്നോട്ടെ എടോ ദാമോദര ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ എടോ ദാമോദര ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ എന്താ എന്താ നന്നായി നാല് വാചകമടിക്കാൻ അറിയാവുന്നവർക്കും നന്നായി നാല് വാചകമടിക്കാൻ അറിയാവുന്നവർക്കും സ്വന്തം വീടും കൂടും ഉപേക്ഷിച്ചിട്ട് സ്വന്തം വീടും കൂടും ഉപേക്ഷിച്ചിട്ട് നാട് നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്കും മാത്രമേ ഇതൊക്കെ പറ്റൂ ാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ പറ്റൂ കച്ചവടത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നവർക്ക് കച്ചവടത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നവർക്ക് അവനവന്റെ ലാഭത്തിൽ മാത്രമേ നോട്ടമുള്ളൂ അവനവന്റെ ലാഭത്തിൽ മാത്രമേ നോട്ടമുള്ളൂ നാട്ടുകാരുടെ നന്മതിന്മയെ പറ്റി അവർക്കറിയണ്ടാട്ടുകാരുടെ നന്മതിന്മയെപ്പറ്റി അവർക്കറിയണ്ട പക്ഷേ അങ്ങ് വെറും ഒരു കച്ചവടക്കാരനല്ലോ പക്ഷെ അങ്ങ് വെറും ഒരു കച്ചവടക്കാരനല്ലോ ദാമോദര കാലം മാറിയെങ്കിലും ഞാൻ മാറിയില്ല ദാമോദര കാലം മാറിയെങ്കിലും ഞാൻ മാറിയില്ല പണ്ടത്തെ കഥയൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പണ്ടത്തെ കഥയൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നെ അറ്റകയ്ക്കുപ്പിടാത്തവൻ എന്നെ അറ്റകൈക്ക് ഉപ്പിടാത്തവൻ ആളുകളുടെ കണ്ണിൽ മണ്ണിടാൻ മടിക്കാത്തവൻ എന്നൊക്കെ വിളിച്ചവരാണ് ഈ നാട്ടുകാർ ആളുകളുടെ കണ്ണിൽ മണ്ണിടാൻ മടിക്കാത്തവൻ എന്നൊക്കെ വിളിച്ചവരാണ് ഈ നാട്ടുകാർ അതുകൊണ്ട് അവരുടെ നേതാവാകാൻ അതുകൊണ്ട് അവരുടെ നേതാവാകാൻ ഇഷ്ടപ്പെടുന്നവനല്ല ഈ ഞാനും ഇഷ്ടപ്പെടുന്നവനല്ല ഈ ഞാനും ആദരിക്കട്ടെ ഈ കാര്യത്തിനു വേണ്ടി തന്നെ എന്റെ അടുത്തേക്ക് നിർബന്ധിച്ച് അയച്ചവർ ആരൊക്കെയാണ് അതിരിക്കട്ടെ ഈ കാര്യത്തിനു വേണ്ടി തന്നെ എന്റെ അടുത്തേക്ക് നിർബന്ധിച്ച് അയച്ചവർ ആരൊക്കെയാണ് നാട്ടുകാർ എല്ലാവരും കൂടി തന്നെ നാട്ടുകാർ എല്ലാവരും കൂടിത്തന്നെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താനാണ് ജനപ്രതിനിധി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ താനാണ് ജനപ്രതിനിധി താൻ തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആകേണ്ടവൻ താൻ തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആകേണ്ടവൻ അങ്ങന്നെ കളിയാക്കരുത് അങ്ങന്നെ കളിയാക്കരുത് അങ്ങയെ പോലുള്ളവർ എന്നെപ്പോലത്തെ നിസാരന്മാർ എന്തിന് എന്നെ പോലത്തെ നിസ്സാരന്മാർ എന്തിന് തനിക്ക് നന്നായി പ്രസംഗിക്കാനൊക്കെ അറിയാം തനിക്ക് നന്നായി പ്രസംഗിക്കാനൊക്കെ അറിയാം ഭംഗിവാക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തവനുമല്ല ഭംഗി വാക്ക് പറയാൻ അറിഞ്ഞുകൂടാത്തവനുമല്ല അപ്പോൾ താൻ തന്നെയാണ് നേതാവിന്റെ സ്ഥാനത്തേക്ക് ഏറ്റവും അർഹനായവൻ അപ്പോൾ താൻ തന്നെയാണ് നേതാവിന്റെ സ്ഥാനത്തേക്ക് ഏറ്റവും അർഹനായവൻ ഈ രാഷ്ട്രീയ കളി വളരെ ശല്യം പിടിച്ചതാണ് ഈ രാഷ്ട്രീയക്കളി വളരെ ശല്യം പിടിച്ചതാണ് നേതൃത്വത്തിന്റെ കാര്യം അതിലും കഷ്ടം നേതൃത്വത്തിന്റെ കാര്യം അതിലും കഷ്ടം നല്ല ബുദ്ധികൂർമതയും സൂത്രവും ഉള്ളവരെ കൊണ്ടേ അത് നല്ല ബുദ്ധി സൂത്രവും ഉള്ളവരെ കൊണ്ടേ അത് പറ്റൂ രണ്ട് ഗുണങ്ങളും വേണ്ടുവോളം തനിക്ക് രണ്ട് ഗുണങ്ങളും വേണ്ടുവളമുണ്ട് എന്നെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കിയേക്കു എന്നെ ഇതിൽ നിന്നൊക്കെ ഒഴിവാക്കിയേക്കു പിന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണമെങ്കിൽ പിന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണമെങ്കിൽ എന്നാൽ കഴിയുന്ന സഹായം ചെയ്തു തരാം എന്നാൽ കഴിയുന്ന സഹായം ചെയ്തു തരാം ഡ്രിൽസ്റ്റേഷൻ രാമൻ പണമുള്ളവനാണ് രാമൻ പണമുള്ളവനാണ് രാധ പണം ഇല്ലാത്തവളാണ് രാധ പണമില്ലാത്തവളാണ് മനുഷ്യരെല്ലാം നമുക്ക് മനുഷ്യരെല്ലാം നമുക്ക് വേണ്ടവരാണ് ഞാൻ ആർക്കും വേണ്ടാത്തവരാണ് ഞാൻ ആർക്കും വേണ്ടാത്തവനാണ് ഈ തുക ഒട്ടും പോരാത്തതാണ് ഈ തുക ഒട്ടും പോരാത്തതാണ് പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർ ഈ ലോകത്ത് എത്ര പേരുണ്ട് പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവർ ഈ ലോകത്ത് എത്ര പേരുണ്ട് സ്വന്തം കുറ്റത്തിനും അന്യരെ കുറ്റപ്പെടുത്തുന്നവൻ അല്ലേ നിന്റെ കൂട്ടുകാരൻ സ്വന്തം കുറ്റത്തിനും അന്യരെ കുറ്റപ്പെടുത്തുന്നവൻ അല്ലേ നിന്റെ കൂട്ടുകാരൻ സമ്മാനം കിട്ടില്ലേ നന്നായി പാടുന്നവർക്ക് സമ്മാനം കിട്ടില്ലേ പൈസ കടം കൊടുത്തവന് അത് തിരിച്ചു വാങ്ങാനും അറിയാം പൈസ കടം കൊടുത്തവന് അത് തിരിച്ചു വാങ്ങാനും അറിയാം കള്ളം പറഞ്ഞവളെ കള്ളം പറഞ്ഞവളെ വെറുതെ വിടരുത് കരിഞ്ചന്ത നടത്തിയവർക്ക് വലിയ ലാഭം കിട്ടി കരിഞ്ചന്ത നടത്തിയവർക്ക് വലിയ ലാഭം കിട്ടി സംഭവം കാണാത്തവൻ എങ്ങനെ സാക്ഷിയാകും സംഭവം കാണാത്തവൻ എങ്ങനെ സാക്ഷിയാകും പറഞ്ഞാൽ കേൾക്കാത്തവർ അടിച്ചാൽ കേൾക്കും പറഞ്ഞാൽ കേൾക്കാത്തവർ അടിച്ചാൽ കേൾക്കും ഒന്നും പലതും ചെയ്യും ഒന്നും മിണ്ടാത്തവൾ പലതും ചെയ്യും ബിൽഡ് അപ് ഡ്രിൽ മോഡൽ ഈ ലോകത്തുണ്ടോ സുഖമായി ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവർ ഈ ലോകത്തുണ്ടോ നൗ ഫോളോ ദോഡൽ കഴിയൂ നേതാവാകാൻ നേതാവാൻ കഴിയൂ ഒരു നല്ല നേതാവാകാൻ കഴിയൂ മനസ്സിലാക്കുന്നവനെ മനസ്ിലാക്കുന്നവനേ ഒരു നല്ല നേദവാക്കാൻ കഴിയൂ വേദന വേദന മനസ്സിലാക്കുന്നവനേ ഒരു നല്ല നേദവാക്കാൻ കഴിയൂ ജനങ്ങളുടെ ജനങ്ങളുടെ വേദന മനസ്സിലാക്കുന്നവന് ഒരു നല്ല നേതാവാകാൻ കഴിയൂ രക്ഷ രക്ഷ രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് രക്ഷ ഇപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് രക്ഷ പണമുള്ളവർക്കാണ് പണമുള്ളവർക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് രക്ഷ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ പണമുള്ളവർക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് രക്ഷ റെഡിയാകുമോ റെഡിയാകുമോ ഉണ്ടാക്കാൻ ോ അനാഥാലയം അനാഥാലയം ഉണ്ടാക്കാൻ റെഡിയാകുമോ അറ്റകൈക്കൂപ്പിടാത്തവൻ അറ്റ കൈക്ക് ഉപ്പിടാത്തവൻ അനാഥാലയം ഉണ്ടാക്കാൻ റെഡിയാകുമോ സബ്സ്റ്റിറ്റ്യൂഷൻ റിൽ ആ കാര്യം പറഞ്ഞവൻ ആരാണ് കേട്ടവൻ ആ കാര്യം കേട്ടവൻ ആരാണ് ചോദിച്ചവൻ ആ കാര്യം ചോദിച്ചവൻ ആരാണ് അറിഞ്ഞവൻ ആ കാര്യം അറിഞ്ഞവൻ ആരാണ് എഴുതിയവൻ ം എഴു ആരാണ് ആ കാര്യം ഓർമ്മിച്ചവൻ ആരാണ് കണ്ടവൻ ആ കാര്യം കണ്ടവൻ ആരാണ് ആ കാര്യം മനസ്സിലാക്കിയവൻ ആരാണ് ആ വീട്ടിൽ താമസിക്കുന്നവർ പണക്കാരാണ് ഉള്ളവർ ആ വീട്ടിൽ ഉള്ളവർ പണക്കാരാണ് വരുന്നവർ ആ വീട്ടിൽ വരുന്നവർ പണക്കാരാണ് എത്തുന്നവർ ആ വീട്ടിൽ എത്തുന്നവർ പണക്കാരാണ് പോകുന്നവർ ആ വീട്ടിൽ പോകുന്നവർ പണക്കാരാണ് വീണ്ടും വീണ്ടും നിങ്ങളോട് അപേക്ഷിക്കുന്നവർ വിട്ടികളല്ലേ വീണ്ടും വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നവർ വിദ്ധികളല്ലേ പറയുന്നവർ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നവർ വിളല്ലേ വീണ്ടും വീണ്ടും നിങ്ങളോട് വഴക്ക് കൂടുന്നവർ വിളല്ലേ വീണ്ടും വീണ്ടും നിങ്ങളോട് അടുക്കുന്നവർ വിഡ്ഢികളല്ലേ പിണങ്ങുന്നവർ വീണ്ടും വീണ്ടും നിങ്ങളോട് പിണങ്ങുന്നവർ വിഡ്ഢികളല്ലേ പിണങ്ങുന്നവർ വീണ്ടും വീണ്ടും നിങ്ങളോട് ഇണങ്ങുന്നവർ വിധികളല്ലേ അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തവർ ജോലിക്കാരാണ് അദ്ദേഹത്തിന് സമ്മാനം നൽകിയവർ ജോലിക്കാരാണ് കൊണ്ടുവന്നവർ അദ്ദേഹത്തിന് സമ്മാനം കൊണ്ടുവന്നവർ ജോലിക്കാരാണ് വാങ്ങിച്ചവർ അദ്ദേഹത്തിന് സമ്മാനം വാങ്ങിച്ചവർ ജോലിക്കാരാണ് കൊണ്ടുപോയവർ അദ്ദേഹത്തിന് സമ്മാനം കൊണ്ടുപോയവർ ജോലിക്കാരാണ് റീസ്റ്റേറ്റ്മെന്റ് ഡ്രിൽ മോഡൽ വൺ അവൻ കരയുന്നു അവൻ കരയുന്നവനാണ് നൌ ഫോളോ ദ മോഡൽ അവൻ എഴുതുന്നു അവൻ എഴുതുന്നവനാണ് അവൻ വരുന്നു അവൻ വരുന്നവനാണ് അയാൾ സത്യം പറയുന്നു അയാൾ സത്യം പറയുന്നവനാണ് ഇയാൾ നന്നായി ആഹാരം കഴിക്കുന്നവനാണ് മോഡൽ ടു അവൾ ചിരിക്കുന്നു അവൾ ചിരിക്കുന്നവളാണ് നൗ ഫോളോ ദോഡൽ ഇവൾ കരയുന്നു ഇവൾ കരയുന്നവളാണ് ഇവൾ സ്നേഹിക്കുന്നു ഇവൾ സ്നേഹിക്കുന്നവളാണ് അവൾ വഴക്കുകൂടുന്നു അവൾ വഴക്ക് അവൾ സംസാരിക്കുന്നു അവൾ സംസാരിക്കുന്നവളാണ് മോഡൽ ത്രീ അവർ നുണ പറയുന്നു അവർ നുണ പറയുന്നവരാണ് നൗ ഫോളോ ദോഡൽ അവർ ജോലി ചെയ്യുന്നു അവർ ജോലി ചെയ്യുന്നവരാണ് അവർ വേഗം നടക്കുന്നു അവർ വേഗം നടക്കുന്നവരാണ് അവർ കറികൾ നന്നായി വയ്ക്കുന്നു അവർ കറികൾ നന്നായി വയ്ക്കുന്നവരാണ് അവർ കുട്ടികളെ വളർത്തുന്നു അവർ കുട്ടികളെ വളർത്തുന്നവരാണ് മോഡൽ ഫോർ അത് ഓടുന്നു അത് ഓടുന്നതാണ് നൗ ഫോളോ ദ മോഡൽ അത് കറക്കുന്നു അത് കറക്കുന്നതാണ് ഇത് പറക്കുന്നു ഇത് പറക്കുന്നതാണ് അത് വളരുന്നു അത് വളരുന്നതാണ് ഇത് വരുന്നു ഇത് വരുന്നതാണ് മോഡൽ ഫൈവ് അവൻ വീണില്ല അവൻ വീഴാത്തവനാണ് നൗ ഫോളോ ദ മോഡൽ അവൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉണ്ണാത്തവനാണ് അവൾ ചായക്കടയിൽ പോയില്ല അവൾ ചായക്കടയിൽ പോകാത്തവളാണ് അവർ കഥകളി ആസ്വദിച്ചില്ല അവർ കഥകളി ആസ്വദിക്കാത്തവരാണ് അവർ പാവങ്ങൾക്ക് ഒന്നും കൊടുത്തില്ല അവർ പാവങ്ങൾക്ക് ഒന്നും കൊടുക്കാത്തവരാണ് മോഡൽ സിക്സ് അത് അത് പുളിക്കാത്തതാണ് നൗ ഫോളോ ദോഡൽ അവൻ എഴുതില്ല അവൻ എഴുതാത്തവനാണ് അത് ഓടില്ല അത് ഓടാത്തതാണ് അവൾ സ്വപ്നം കാണില്ല അവൾ സ്വപ്നം കാണാത്തവളാണ് അത് അനങ്ങില്ല അത് അനങ്ങാത്തതാണ് മോഡൽ സെവൻ അവർക്ക് പോകണം അവർ പോകേണ്ടവരാണ് നൗ ഫോളോ ദ മോഡൽ അവർക്ക് മരിക്കണം അവർ മരിക്കേണ്ടവരാണ് അവന് ജയിക്കണം അവൻ ജയിക്കേണ്ടവനാണ് അവന് കുടിക്കണം അവൻ കുടിക്കേണ്ടവനാണ് അതിന് മറക്കണം അത് മറക്കേണ്ടതാണ് മോഡൽ എയ്റ്റ് അവർക്ക് ഇവിടെ നിൽക്കണ്ട അവർ ഇവിടെ നിൽക്കണ്ടാത്തവരാണ് മോഡൽ അവന് ഒന്നും ചെയ്യണ്ട അവൻ ഒന്നും ചെയ്യണ്ടാത്തവനാണ് അവൾക്ക് ആരെയും കാണണ്ട അവൾ ആരെയും കാണേണ്ടാത്തവളാണ് അവർക്ക് സുഖമായി ജീവിക്കണ്ട അവർ സുഖമായി ജീവിക്കേണ്ടാത്തവരാണ് അതിന് സഹായം വേണ്ട അത് സഹായം വേണ്ടാത്തതാണ് കോമ്പിനേഷൻ ഡ്രിൽ മോഡൽ അവൻ കള്ളം പറയുന്നു അവനെ വിശ്വസിക്കരുത് കള്ളം പറയുന്നവനെ വിശ്വസിക്കരുത് നൗ ഫോളോ മോഡൽ അവൾ പാട്ട് പാടുന്നു അവൾക്ക് സമ്മാനം കിട്ടുന്നു പാട്ട് പാടുന്നവൾക്ക് സമ്മാനം കിട്ടുന്നു അവർ സത്യം അന്വേഷിക്കുന്നു അവർക്ക് ഉത്തരവും ലഭിക്കുന്നു സത്യം അന്വേഷിക്കുന്നവർക്ക് ഉത്തരവും ലഭിക്കുന്നു അവൻ പാൽ വിൽക്കുന്നു അവന് ലാഭം കിട്ടുന്നു പാൽ വിൽക്കുന്നവന് ലാഭം കിട്ടുന്നു അവൾ ചോദ്യം ചോദിക്കുന്നു അവൾക്ക് ഉത്തരവും അറിയാം ചോദ്യം ചോദിക്കുന്നവൾക്ക് ഉത്തരവും അറിയാം അവർ എല്ലാവരെയും പുകഴ്ത്തുന്നു അവർ കാര്യങ്ങൾ നേടുന്നു എല്ലാവരെയും പുകഴ്ത്തുന്നവർ കാര്യങ്ങൾ നേടുന്നു ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ അയാൾ പണമുള്ളവനാണ് അയാൾ പണം ഇല്ലാത്തവനാണ് നൌ ഫോളോ ദ മോഡൽ അവർ കഥ എഴുതുന്നവരാണ് അവർ കഥ എഴുതാത്തവരാണ് അവൾ കഥകളി പഠിക്കുന്നവളാണ് അവൾ കഥകളി പഠിക്കാത്തവളാണ് അത് എപ്പോഴും കരയുന്നതാണ് അത് എപ്പോഴും കരയാത്തതാണ് അവർ കാണേണ്ടവരാണ് അവർ കാണേണ്ടാത്തവരാണ് അവൾ സത്യം പറയേണ്ടവളാണ് അവൾ സത്യം പറയേണ്ടാത്തവളാണ് അത് മധുരിക്കുന്നതാണ് അത് മധുരിക്കാത്തതാണ് അത് നന്നായി ഓടുന്നതാണ് അത് നന്നായി ഓടാത്തതാണ് അവർ എല്ലാം കാണിച്ചു തരുന്നവരാണ് അവർ എല്ലാം കാണിച്ചു തരാത്തവരാണ് അവൾ ജോലി ചെയ്യുന്നവളാണ് അവൾ ജോലി ചെയ്യാത്തവളാണ് അവൻ പാവങ്ങളെ സഹായിക്കുന്നവനാണ് അവൻ പാവങ്ങളെ സഹായിക്കാത്തവനാണ്